നിങ്ങൾക്ക് മുൻപുള്ള തലമുറകളിൽ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നതിനെ തടയുന്ന ഗുണവാന്മാരായ ആളുകൾ ഉണ്ടാകാതിരുന്നതെന്താണ് നാം അവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ചുരുക്കം ചിലർ ഒഴികെ അക്രമികൾ തങ്ങൾക്കനുഗ്രഹിക്കപ്പെട്ട സുഖസൌകര്യങ്ങളെ പിന്തുടർന്നു അവർ കുറ്റവാളികളുമായിരുന്നു